ത്തും അതിനോട് ചേർന്ന ഗ്രാമങ്ങളും കയ്യിൽ നിന്ന് പിടിച്ചു പിന്നെ അവൻ മോവാബിനെ തോൽപ്പിച്ചു മോവാബിർ ദാവിദിന്റെ ദാസന്മാരായി കാഴ്ച കൊണ്ടുവന്നു സോഭാ രാജാവായ ഹദദേസർ ഫ്രാദ് നദീതീരത്തിങ്കൽ തന്റെ ആധിപത്യം ഉറപ്പിപ്പാൻ പോയപ്പോൾ ദാവീദ് അവനെയും ഹമാത്തിൽ വെച്ച് തോൽപ്പിച്ചു കളഞ്ഞു അവൻ്റെ വക ആയിരം രഥങ്ങളെയും ഏഴായിരം കുതിരപ്പടയാളികളെയും ഇരുപതിനായിരം കാലാളുകളെയും ദാവീദ് പിടിച്ചു ദാവീദ് അവയിൽ നൂറ് രഥകുതിരകളെ വെച്ചുകൊണ്ട് ശേഷം രഥകുതിരകളെയൊക്കെയും കുതിഞ്ഞരമ്പ് വെട്ടിക്കളഞ്ഞു ശോഭാരാജാവായ ഹതദേസറിനെ സഹായിപ്പാൻ ദമ്മേശിലെ അരാമ്യർ വന്നപ്പോൾ ദാവീദ്ഗ്രഹിച്ചു പിന്നെ ദാവീദ് ദമ്മേശക്കിനോട് ചേർന്ന അരാമിൽ കാവൽ പട്ടാളങ്ങളെ പർപ്പിച്ചു അരാമ്യും ദാവീദിന്റെ ദാസന്മാരായി കാഴ്ച ഇങ്ങനെ ദാവീദ് ചെന്നിടത്തൊക്കെയും യഹോവ അവന് ജയം നൽകി ഹതദേസറിന്റെ ദാസന്മാർക്കുണ്ടായിരുന്ന ൊൻപരിചകളെ ദാവീദ്ടുത്ത് യരുഷലമിലേക്ക് കൊണ്ടുവന്നു ഹതദേസറിന്റെ പട്ടണങ്ങളായ തിഗ്ഹാത്തിൽ നിന്നും കൂഞ്ഞിൽ നിന്നും അനവധി താമ്രവും കൊണ്ടുവന്നു അതുകൊണ്ട് ഷെലോമോൻ താമ്രക്കടലും സ്തംഭങ്ങളും താമ്രപാത്രങ്ങളും എന്നാൽ ദാവീദ് സോഭാ രാജാവായ ഹതദേസറിന്റെ സൈന്യത്തെയെല്ലാം തോൽപ്പിച്ചുകളഞ്ഞു എന്ന് ഹമാ രാജാവായ ോവു കേട്ടപ്പോൾ അവൻ ദാവിദരാജാവിനോട് കുശലം ചോദിപ്പാനും അവൻ ഹതദേശരനോട് യുദ്ധം ചെയ്ത് അവനെ തോൽപ്പിച്ചതുകൊണ്ട് അവനെ അഭിനന്ദിപ്പാനും തന്റെ മകനായ ഹതോരാമിനെ അയച്ചു ഹതദേശരും തോവുവും തമ്മിൽ കൂടെ യുദ്ധമുണ്ടായിരുന്നു അവൻ പൊന്ന് വെള്ളി താമ്രം ഇവ കൊണ്ടുള്ള സകലവിധ സാധനങ്ങളെയും കൊണ്ടുവന്നു ദാവിദരാജാവ് അവയെ താൻ ഏതോം മോവ അമോന്യർ പെലിസ്ഥീർ അമാലേ മുതലായ സകല ജാതികളുടെ പക്കൽ നിന്നും പിടിച്ചെടുത്ത വെള്ളിയോടും പൊന്നിനോടും കൂടെ യഹോവയ്ക്ക് വിശുദ്ധീകരിച്ചു സെരൂയയുടെ മകനായ അബിഷായി ഉപ്പു താഴ്വരയിൽ വെച്ച് ഏതോമിരിൽ പതിനെണ്ണായിരം പേരെ സംഹരിച്ചു ദാവീദ് ഏതോമിൽ കാവൽ പട്ടാളങ്ങളെ ആക്കി ഏതോമ്യർ എല്ലാവരും അവൻ ദാസന്മാരായി തീർന്നു അങ്ങനെ ദാവീദ് ചെന്നിടത്തൊക്കെയും യഹോവ അവന് ജയം നൽകി ഇങ്ങനെ ദാവീദ് എല്ലാ ഇസ്രയേലിനും രാജാവായി വാണു തന്റെ സകല ജനത്തിനും നീതിയും ന്യായവും നടത്തിവന്നു സെരൂയയുടെ മകനായ യോവാ സേനാധിപതി ആയിരുന്നു അഹീലൂദിന്റെ മകനായ യഹോ മന്ത്രിയും അഹിത്തൂബിന്റെ മകനായ സാദൂക്കും അബിയാത്ത മകനായ അഹിമേലയ്ക്കും പുരോഹിതന്മാരും ശൌശ രാസക്കാരനും യഹോയാദയുടെ മകനായ ബനായാവ് ക്രേത്യർക്കും പ്ലേത്യർക്കും അധിപതിയുമായിരുന്നു ദാവിദിന്റെ പുത്രന്മാർ രാജാവിന്റെ അടുക്കൽ പ്രധാന പരിചാരകന്മാരായിരുന്നു